അവർ പറഞ്ഞു ഷൈബ അലിഹിസ്സലാം നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ പലതും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾ ദുർബലനാണെന്ന് ഞങ്ങൾ കാണുന്നു നിങ്ങളുടെ ഗോത്രക്കാരുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു ഞങ്ങളുടെ മേൽ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല